നമുക്ക് തന്നു ഞാനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു ഇസ്രയേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ആഘാൻ താ താഴ്വര ആഘോ താഴ്വര ഒരടഞ്ഞ അധ്യായമായിരുന്നു അതേപ്പറ്റി നമ്മുടെ താഴെ ഇപ്പോൾ വായിച്ച് കേട്ടിടത്ത് വായിക്കുന്നുണ്ട് സകൻ പറഞ്ഞതിൻ്റെ അവസാനം ഇങ്ങനെയാണ് ഇരുപത്താറാം വാക്യം ഇങ്ങനെ വായിക്കുന്ന അവൻ്റെ മേൽ അവർ വലിയ കൽക്കുന്ന കൂട്ടി അത് ഇന്ന് വരെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ അതിങ്ങനെ ദ റേസ്ഡ് ഓവർ ഹിം എ ഗ്രേറ്റ് ഹീപ് ഓഫ് സ്റ്റോൺസ് ഒരു മല ഇനി അത് ആർക്കും തുറക്കാനാവാത്തവണ്ണം കാര്യമന്തിനകത്ത് ആഖാനയും മാത്രമല്ല വെള്ളിയും മേലങ്കിയും പൊൻകട്ടിയും പൊൻകട്ടി കട്ടി ഇതെല്ലാം അവിടെ കുഴിച്ചു മൂടപ്പെട്ടെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കും ഒരു തിരിച്ചു വരവനും സാധ്യതയില്ലാതവണ്ണം ഒരു വലിയ കൽമല അങ്ങനെയാണ് നമ്മൾ അവിടെ കാണുന്നത് അവിടെ കർത്താവ് വരുന്നറം വരെയും ആ മല അവിടെ കണ്ടിരുന്നു അങ്ങനെ തന്നെയാണ് എന്നാണ് പഴയനിമ പുസ്തകം പറയുന്നത് ജോഷോല പുസ്തകം എങ്ങനെയാണെന്ന് വായിക്കുന്നത് അവിടെ കത്താവ് വരുമ്പോൾ വന്നപ്പോൾ കത്താവ് ലുക്കോ ലുക്കോ സെഷം നാലാമധ്യായത്തിൽ താന് സ്നാനത്തെ തുടർന്നുള്ള പരീക്ഷ വിജയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ താനായിരുന്ന നഷ്ടത്തിലെ ആ ദേവാലയത്തിൽ കടന്നു വന്ന് ഈ പ്രത്യാശയുടെ വാതിൽ ഇന്ന് സഹോദരൻ പറഞ്ഞ പ്രത്യാശയുടെ വാതിൽ ആ കല്ലുകളൊക്കെ താന് നീക്കം ചെയ്ത് തൻ്റെ മരണത്താൽ പിശാശൻ്റെ അധികാരത്തെ നീക്കിയതോടൊപ്പം നമുക്ക് സാധ്യതയില്ലാതിരുന്ന ആ കൽക്കൂമ്പാരത്തെയാണ് തന്നെ നീക്കിക്കളഞ്ഞ അവിടെ ഇന്ന് കേട്ടത് പോലെ പ്രത്യാശയുടെ ഒരു അതാണ് ആ നഷ്ടത്തിലെ പള്ളിയിൽ കത്താവ് വായിക്കുന്നതും ഈയൊരു കാര്യം തന്നെയാണ് ഇങ്ങനെയാണ് പറയുന്നത് കർത്താവ് ആ പള്ളിയിലേക്ക് ചെന്നപ്പോൾ യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം കൊടുക്കപ്പെട്ടു അവിടെ തുറന്നപ്പോൾ താൻ ഇങ്ങനെ കണ്ടു തന്നെ കുറിച്ചുള്ളൊരു പ്രവചനം എന്താണത് എളിയവരോട് സദ്വർത്തുവാനും ഘോഷിക്കാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവൻ്റെ എൻ്റെ ആത്മാവൻ്റെ മേലിരിക്കുന്നു താഴെ നമ്മൾ വായിക്കുന്നു ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും താഴെ നമ്മൾ പറയുന്നു സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ദുഃഖത്തിന് പകരം ആനന്ദതയിലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാനും അവർ എന്നെ അയച്ചിരിക്കുന്നു നമുക്ക് അവിടെ ആ കല്ല് ആഘോ താഴ്വര ആ വാതിൽ വെച്ച് തനതിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഈ വചനം ഇവിടെ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അത് നമ്മെക്കുറിച്ചാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ് ഞാനും ഇന്ന് വചനകൾവിയില്ലാതാണ് ചിന്തിച്ചത് ഈ ഒരു പ്രത്യാശ എൻ്റെ ജീവിതത്തിലും കഴിഞ്ഞ ചില നാളുകളിൽ ഈ കാര്യങ്ങളെല്ലാം ബോധ്യവും ഉറപ്പുമുള്ളപ്പോൾ തന്നെ എവിടെയൊരു ഈ ഇപ്പോൾ നമ്മൾ ഒടുവിൽ വായിച്ച ഒരു വാക്യം ഞാൻ എടുത്തു ആഗ്രഹിക്കുന്നു അവിടെ ഇംഗ്ലീഷിൽ അറുപത്തൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് ദ മാൻഡിൽ ഓഫ് പ്രൈസ് ഇൻസ്റ്റഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഫെയിൻറ്റിങ് ഒരു സ്പിരിറ്റ് ഓഫ് ഫെയിൻറ്റിങ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പരാജയങ്ങളിൽ നമുക്കുണ്ടാകാമെന്നൊരു കാര്യമാണ് ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് പെയിൻറ്റിങ് മടുത്തു പോകുന്നൊരവസ്ഥ എന്നെ സംബന്ധിച്ചത് കഴിഞ്ഞ ചില നാളുകളിൽ ഞാൻ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ മധ്യേ നിൽക്കുമ്പോൾ അവിടെ കർത്താവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ ഒരനുസരണം കാണിക്കാൻ എനിക്ക് കൃപ ലഭിച്ചു ഞാനത് ആ നിലയിൽ ഒരു ശുദ്ധ മനസാക്ഷിയോടെ കടന്നു വന്നെങ്കിലും െ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു സന്തോഷമല്ല മറ്റൊന്നുമല്ല ആ കാര്യങ്ങൾ വേണ്ട വിധം നഷ്ടപ്പെട്ടതിൻ്റെയൊന്നുമല്ല അങ്ങനെയൊരു ദുഃഖമൊന്നുമില്ല അപ്പോൾ തന്നെ ഈ ഈ ബുദ്ധിമുട്ടിച്ച ആ സാഹചര്യങ്ങളോട് ആ വ്യക്തികളോട് ഹൃദയത്തിലൊരു അഗാപ്പയസ്നേഹം കർത്താവ് സ്നേഹിച്ചതുപോലെ ഒരു സ്നേഹമില്ല എനിക്കവരോട് എതിരൊന്നുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അത് യാന്ത്രികമാണെന്നൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിൽ പോരാ കതാവിങ്ങനെ അല്ല സ്നേഹിച്ചത് കതാവ് സ്നേഹിച്ചത് ശത്രുവിനെ സ്നേഹിക്കുവാനായിട്ട് എന്നോട് പറഞ്ഞിരിക്കേ എനിക്കെതിരില്ല എന്നുള്ളത് അതൊരു ഒരു പൂർത്തീകരണമല്ല അല്ലെങ്കിൽ കേവലമൊരു മാനുഷിക സ്നേഹം എനിക്ക് അവരോടുണ്ട് എന്നുള്ളതും ഒരു ഒരു എക്സ്ക്യൂസല്ല അല്ലെങ്കിൽ ഒരു മതിയായ കാര്യമല്ല മറിച്ച് കഥാവെ അങ്ങ് എന്നെ ആക്കി വച്ചിരിക്കുന്നത് അങ്ങ് സ്നേഹിച്ചത് പോലെ ഇന്ന് നമ്മൾ കേട്ടത് അവൻ നടന്ന വഴിയെ നടക്കാനാണ് എനിക്കത് കഴിയുന്നില്ല ഇതെൻ്റെ ഹൃദയത്തിലെ വലിയൊരു ഭാരമാണ് ഞങ്ങൾ ഞാനത് പ്രാർത്ഥിക്കുകയും ഞാൻ ഈ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ എന്നെ പ്രശംസിച്ച് പറയുന്നവരോട് ഞാൻ ഇത് പറഞ്ഞു എനിക്ക് നിങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെയാണ് പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എനിക്ക് എനിക്ക് പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തിയാണ് കാരണം എനിക്ക് കർത്താവിനെ പിന്തുടരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ആ വഴിയിൽ പാതിവഴിയിൽ തളർന്നു പോകുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ട് ഇപ്പോഴത്തെ ഇവിടെയും ഞാൻ അന്ന് കത്താവ് തന്നൊരു വചനമാണ് ഏകദേശം സ്പിരിറ്റ് ഓഫ് പെയിൻറ്റിങ് ഞാനത് അതേക്കുറിച്ച് ധ്യാനിച്ചൊരു രാവിലെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ് ഈ സ്പിരിറ്റ് ഓഫ് പെയിൻറ്റിങ് അത് കഥാവിൽ നിന്നല്ല കഥാവിൽ നിന്നല്ല നമ്മളെ തളർത്തി കളയുന്നൊരാത്മാവുണ്ട് നമ്മളെ നിരാശപ്പെടുന്നതെ നമ്മൾ വീണ്ടും കേട്ടു നിരാശപ്പെടുത്തുന്ന ഒരു ആത്മാവ് അത് സാധാരണയിൽ നിന്നാണ് അപ്പോൾ കത്താവ് എന്താണ് ആ ആ നിരാശയുടെ ആ ഫെയിൻറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും അതിന് പകരം എങ്ങനെയാണ് മറുമരുന്നും അവിടെ തരുന്നുണ്ട് എന്താണ് വേണ്ടത് ഈ ആഘോത്താഴ്ചപ്പെടെ നമുക്കായിട്ട് തുറന്നൊരു പുതിയ പ്രത്യാശയുടെ വാതിൽ തുറന്ന കർത്താവിനെ സ്തുതിക്കുക എന്നിട്ട് ജീവിതത്തിലേത് നിരാശ കടന്നു വന്നാലും സാത്താൻ എങ്ങനെയൊക്കെ നമ്മെ പരാജയപ്പെടുത്തുവാനോ അകാരണമായൊരു കുറ്റബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ മാൻഡിൽ ഓഫ് പ്രൈസ് ഇൻസ്റ്റഡ് ഓഫ് സ്പിരിറ്റ് ഓഫ് പെയിൻറിങ് എപ്പോഴൊക്കെ നമ്മൾ മനസ്സ് തളർന്ന് പോകുന്നു അപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് നന്ദി പറയുക ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഓർക്കുക നീന്ന് കേട്ടത് പോലെ ദീപളും പ്രദേശത്ത് രക്തത്തിൽ കുളിച്ച് കിടന്നുത്തുന്നതിനെ മകനാക്കി സ്വീകരിച്ച ഒരു കർത്താവ് ഞാനൊന്നും ചെയ്തില്ല കത്താവാണ് പൂർണ്ണമായും നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ച് എൻ്റെ മകനും മകളുമാക്കി വെച്ചത് ഇവിടെ നമുക്കപ്പോൾ നിരാശയ്ക്ക് വകയുണ്ടോ നമുക്കിന്ന് വചന കേൾവിയുടെ അവസാനം നമ്മുടെ മുഖത്തെല്ലാം സന്തോഷത്തിൻ്റെ ഒരു ഒരു വലയടിയുണ്ടോ അതോ വീണ്ടും ഒരു സ്പിരിറ്റ് ഓഫ് പെയിൻറ്റിംഗ് ആണോ നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ അവിടെ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് ഇത് ടു ഗ്രാൻഡസ് ഗ്രാൻഡ് ദോസു മോൺ ഇൻ സെൺ ഗിവിങ് ദാളൻ ഇൻസ്റ്റഡ് ഓഫ് ആഷ്യസ് വെണ്ണീറിന് പകരം എൻ്റെ ജീവിതത്തിൽ ആ നിലയിൽ ആഘോത്താജവരെ പോലെ പ്രത്യാശയുടെ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സ്ഥലം ഒരു കൽക്കവും ഭാരം പോലെ ഇത് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിൽ ദൈവത്തിലേക്ക് വരാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചൊക്കെ ഈ പ്രത്യാസം നമുക്ക് ഉണ്ടാവണം നമുക്കൊരു സാധ്യതയും കാണുന്നില്ല ചില കല്ല് പോലത്തെ അനുഭവങ്ങൾ മാനസാന്തരം ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ആഗ്രഹിക്കുന്നവർ ദൈവം നമുക്ക് തന്നിട്ടുള്ളവർ നമ്മൾ നോക്കുമ്പോൾ ഒരു സാധ്യതയില്ല അവിടെ കൽക്കവും ഭാരമാണ് ഒരു മൃഗത്തിനും ഒരു പട്ടിക്ക് പോലും അവിടെ പോയി മാന്തി അത് പുറത്താക്കാൻ പറ്റില്ല ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ആഘോത്താജ്മര പ്രത്യാശയുടെ വാതിലാക്കി മാറ്റുന്ന കർത്താവ് അവിടെ നോക്കുക ഇവിടെ ഇവിടെ വെണ്ണീർ പോലെ വെണ്ണീറിന് പകരം സിയോന്റെ ദുഃഖിതന്മാർക്ക് അലങ്കാരമാലയാണ് അലങ്കാരമാല അലങ്കാരമാല എപ്പോഴാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു കാന്തയുടെ കാന്തയായി ഒരു ഭർത്താവിനോട് ചേർന്ന് തന ആ നിലയിൽ ഒരു കാന്ത വണ്ണം തൻ്റെ വിവാഹവേദിയിലാണ് ഒരു അലങ്കാരമാല എനിക്ക് ലഭിക്കുക ഇപ്പോഴെത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അവിടെ ഒരു വാക്യം മാത്രം നമുക്ക് ശ്രദ്ധിക്കാം അവിടെ ഒരു വാണിംഗ് കൂടുണ്ട് അറുപത്തൊന്നാമത്തെ അറുപത്തൊന്നാമതായി എസ് ഐ ആ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തൊന്നാം ആ വാക്യം തുടങ്ങുന്നത് ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെയാണ് എളിയവരോട് സദ് ഘോഷിക്കുക ഇവിടെ നാം നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ കണ്ട് കത്താവേ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലാത്ത പലരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കൽക്കൂം ഭാരം പോലെ തോന്നുന്നു അവിടെ ഞാൻ എന്നെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം കാണണം ഞാനവിടെ ഇവിടെ എന്ത് ഞാനെൻ്റെ ഒരു മാനസാന്ദ്രത്തിലെ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ആ പരാജയങ്ങളെ എനിക്ക് സ്വയമായി വിജയിക്കാനാവില്ലാത്തവണ്ണം ഞാനൊരു മാനസാന്ദ്രത്തിലാണോ ഞാൻ ഇന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്യം കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് ഇതാണ് ആഖാ ആഖാൻ്റെ പാപം ഇതാണ് ആ ഖാൻ അത് ഏറ്റു പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അത് ലോകത്തിൻ്റെ ഒരു ഒരു സീ ഒരു സീക്വൻസ് അവിടെ ഉണ്ട് ആ ഖാൻ തൻ്റെ കുറ്റത്തെ പറ്റി പറയുമ്പോൾ യോശുവാട പുസ്തകം ഏഴാം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം എങ്ങനെയാണ് ആ ഖാൻ ഏറ്റുപറയുകയാണ് ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബുലോണിയ മേലങ്കിയും ഇരുന്നൂറ് ശെക്കൽ വെള്ളിയും അമ്പത് സെക്കൽ തൂക്കമുള്ളൊരു പെൺകട്ടിയും കണ്ട് ഒന്നാമത്തെ കാര്യം കണ്ടു ഞാനത് ശ്രദ്ധിച്ചു എൻ്റെ കണ്ണുകളിലുടക്കി രണ്ട് അത് മോഹിച്ചു അപ്പം ഞാൻ കണ്ടു ഞാൻ ലോകത്തിലേക്ക് ഞാൻ നോക്കാൻ എന്നോട് ആവശ്യപ്പെടാത്ത കാര്യങ്ങളിൽ ഞാൻ സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ സത്തുക്കൾ കടന്നു ചെന്നു അവിടെ ഞാൻ കണ്ടു അത് മോഹിച്ചു മൂന്നാമതെന്താണ് എടുത്തു നോക്കുമ്പോൾ സീക്വൻസ് ഉണ്ട് പക്ഷെ അവിടെയും ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ ലോകപരതയും ലോകത്തിൻ്റെ കാര്യങ്ങൾ ബാബുലോണ്ടായ കാര്യങ്ങൾ പലതും കടന്നു വരുമ്പോൾ നമ്മൾ ആ നിലയിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് അതിൻ്റെ താജയെ ആ ഖാൻ്റെ ആ ഒരു ഒരവസ്ഥയല്ല നമുക്ക് അവിടെ ഒരു മ മടങ്ങിവരമുണ്ട് പക്ഷേ ആ ഖാൻ തെറ്റിപ്പോയത് തന്നെ മോഹിച്ചെടുത്ത ശേഷം ഒരു മനസാന്തരത്തിലേക്ക് വരാതെ അല്ലെങ്കിൽ തന്നെ തന്നെയോടുള്ള ദൈവകൽപ്പനയെ അതിലേക്ക് തെറ്റിപ്പോയതോർത്ത് ദുഃഖിക്കാതെ എന്തു ചെയ്തു Then I coveted them and took them and behold, they are concealed in the earth inside my tent. And they are concealed in the earth inside my tent. When you are in the earth, you will be able to get into the earth. You will be able to get into the earth and get into the earth. നമുക്ക് സാധ്യത മൂന്നാമത്തെ ആ ഘട്ടം വരെ നമുക്ക് സാധ്യതയുണ്ട് നാം എടുത്തു നാം തെറ്റിപ്പോയി പക്ഷെ അതേ തുടർന്ന് അതിൻ്റെ ഒരു മാനസാന്തരത്തിലേക്കോ ഒരു തിരിച്ചുപോക്കിലേക്കോ ഇട സാധ്യതയില്ലാത്തവണ്ണം ഞാനെൻ്റെ ഹൃദയത്തെയൊക്കെ താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടാരത്തിനുള്ളിൽ ഞാനത് രഹസ്യമായിട്ട് വെച്ചു ഞാനത് ഏറ്റു പറഞ്ഞില്ല നമുക്ക് അതെ തൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തനതു പറയുക ഇപ്പോഴൊരു ഈ ഒരു കാര്യം അവിടെ ഒരു ദാരിദ്ര്യം തനിക്കില്ലാതെ പോലെ ആവശ്യബോധം ഞാനെൻ്റെ യഹോബയ്ക്കെതിരായി പാപം ചെയ്തു എന്നൊരു തോന്നൽ ആഹ്വാനം ഇല്ലാതെ പോയപ്പോൾ തന്നെ നമുക്ക് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിൽ നമുക്കൊരു നമുക്കൊരു ബോധരേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ലെങ്കിൽ നാം ഈ ഒരു ഒരു തിരിച്ചു വരവാനുള്ള സാധ്യതയിൽ നമ്മൾ ദൂരെ പോകും ഇപ്പോൾ നമ്മളങ്ങനല്ല ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ദൈവം നമ്മൾ മടക്കി വരുത്തുന്നു ഇന്ന് കേൾപ്പിച്ച പ്രത്യാശയുടെ ഭജനത്തിനായിട്ട് ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ ഹൃദയത്തിനും അത് വലിയ ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും ആനന്ദ അല്ലെങ്കിൽ വെണ്ണീറിന് പകരം അലങ്കാരം ഒരു സ്പിരിറ്റ് ഓഫ് പെയിൻറ്റിങ്ങിന് പകരം സ്തോത്രവും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും യഥാർത്ഥമായിട്ട് കിട്ടാൻ നമുക്ക് ഒരു സ്തോത്രമെന്ന യാഗം നമുക്ക് കൊടുക്കാൻ പറ്റണം ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാദേശിക മീറ്റിംഗ് അവസാനിപ്പിക്കാം na no. pat But...